അള്ളാഹു സുബഹാനഹുവചായ തൻറെ ദൂതിന് നൽകിയ സ്വപ്നം സത്യമായി നിറവേറ്റിയിരിക്കുന്നു അള്ളാഹു സുബഹാനഹുവചായ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മസ്ജിദുൽ ഹലാമിൽ ഭയരഹിതരായി പ്രവേശിക്കും നിങ്ങളുടെ തലകൾ മുണ്ടനം ചെയ്തും ചുരുക്കിയും നിങ്ങളറിയാത്ത കാര്യങ്ങൾ അവൻ അറിഞ്ഞു അതിനാൽ അതിനു അവൻ അടുത്ത കാലത്ത് ഒരു വിജയം നിശ്ചയിച്ചു